ദക്ഷിണമ്യം ഭൂതംഭവിഷ്യം താര ോനവിംശതി മുഖസ്തുലഭവൈശ്വാന പ്രഥമ പാദ ോനവിശതിയം പക്ഷേ ത സശുപ്തീഭൂത പ്രജ്ഞാനഘന എവാനന്ദമയോനന്ദഭേദോമുഖപ്രജ്ഞസ്തൃതീയപ മന്ദ്രജ്ഞം നീദ പ്രജ്ഞം പ്രം ന അദൃശ്യം വ്യവഹാര്യംഗ്രാഹ്യം അലക്ഷണം അച്ഛന്തി മണ്ഡപർമക്കൾ തീർച്ചോനം ശാന്തം ശിവമോ ചതുർത്ഥം വന്നിത്മാജ് ജനോ വൈശ്വാനര അക്കാര മാത്രമത് ये वे ൈ സർവാൻ കാശ്ചോതിന് സുക്കാരോ ദ്ധീയ മാത്ര ഉത്കർഷാ ഉഭയത് വാ ഉത്തർഷരിഹ വൈ ജ്ഞാനസന്ദതി സമാനശ്ചോതി നമ്മവിക്ലേ ഭവതി എവം വേദ സുഷുപ്രോമകാരതൃതീയമാത്രമേരപീതിർവാമിനോ ഇടം സർവപീതിച്ചതിേദ Kazuto ല്൅൵�്്്ൃ ത്്ൿ്് ജ് ക്ത്്ർ ണ്കമ് ഞത്യ് എ്ു് ണ്ഴത് ന derived് ക് ണ്ച്ുസ 1 yıl േം സ്വപ്നദിതമേഷ്യത്തെ <conclusions> <countries> <HHH noise> ततः्य स्वप्नदृश्तृ तेन दृश्यास्ते जीवास्म स्वृकता पृथंग न सी चित अनेकवादेद विक्य है ഇതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് നമ്മുടെ സ്വപ്നത്തിലെ വിഷയത്തെ കുറിച്ച് ആദ്യം പറയുന്നു അത് കഴിഞ്ഞ് ജാഗ്രത കുറിച്ച് പറയുന്നു പറയുന്നത് സ്വപ്നത്തിന് എന്താണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് ജാഗ്രത സംഭവിക്കുന്നത് രണ്ട് നമ്മൾ യാതൊരു ഭേദമില്ല ചിത്തമേവ ഹെ അനേക ജീവാതിഭേദാകാരേനും ഒരു ജാഗ്രതത്തിൽ സംഭവിക്കുന്നതെല്ലാം സ്വപ്നത്തിലും ഇതുപോലെ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരാളുണ്ട് ദ്രഷ്ടാവ് അയാളുടെ ദൃശ്യമായി വിഷയം അതിൽ തന്നെ അനേക ജീവന്മാർ ജാഗ്രതാണ് സംഭവിക്കുന്നത് ഒരു ജീവൻ അനേക ജീവന്മാരെ കാണും വ്യവഹരിക്കുക അന്യോന്യം ആശയവിനിമയം നടത്തുന്നു കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു ഇതെല്ലാം ഒരു ജീവനും ഒരു ജീവന്റെ മുമ്പിൽ അനേക ജീവന്മാരാണ് ജാഗ്രത അതുകൊണ്ട് ജാഗ്രതും സ്വപ്നവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാ പറയുന്നത് സ്വപ്നത്തെ കുറിച്ച് പറയുന്ന എന്താണ് അവിടെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അവിടെ സംഭവിച്ചതെല്ലാം എന്റെ ഉള്ളിലാണ് അവിടെയും പലരെയും കണ്ടിരിക്കാം പക്ഷെ അതെല്ലാം എന്റെ ഉള്ളിലാണ് സ്വപ്ന ചിത്തത്തിലാണ് മനസ്സിലാണ് ജാഗ്രതങ്ങനെയല്ല പുറമേ കാണുന്നു ഇതാണ് വ്യത്യാസമായി പറയുന്നത് ജാഗ്രതത്തിൽ പുറമേ അനേക ജീവന്മാരുണ്ട് സ്വപ്നത്തിൽ ഉള്ളിലാണ് അനേക ജീവന്മാരുണ്ടായിരുന്നത് ഇത് കണ്ടിന് വ്യത്യാസമാണെന്ന് പറയാൻ ഇവിടെ പറയും അങ്ങനെ വ്യത്യാസം പറയാൻ കഴിയില്ല എന്തുകൊണ്ട് സ്വപ്നത്തിൽ ഉണ്ടായിരുന്നു ഉള്ളും പുറവും സ്വപ്നത്തിനും കാണുന്നവനുണ്ടായിരുന്നു കാഴ്ചക്കാരൻ അവിടെയും അനേകം പേർ കണ്ടു അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാണുന്നവൻ അവൻ കാണുന്ന അനേക വിഷയങ്ങൾ ഇതെല്ലാം എന്താണ് ഉള്ളതിന് പറയുന്നു അതെല്ലാം എന്റെ ഉള്ളിലായിരുന്നു ഉള്ളെന്ന് പറഞ്ഞ എന്തിനാ ഉള്ളെന്ന് പറയുന്നു തന്റെ മനസ്സിന് തന്നെ താൻ ഇതിനെല്ലാം കണ്ടുകൊണ്ടിരുന്ന മനസ്സിനെയാണ് പറയുന്നു നമസ് ആണ് പറയുന്ന ഉള്ളിലറിഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിലറിഞ്ഞു എന്താണ് ചിത്തമേവ നമ്മുടെ സ്വപ്നത്തിൽ ചിത്തം തന്നെയാണ് അനേക ജീവാതി ഭേദകാരേണ് വികല്പ്യത അനേക ജീവാതിരൂപത്തിൽ അവിടെ പ്രതീതമാകുന്നത് ചിത്തം തന്നെയാണ് അങ്ങനെ ചിത്തം പ്രതീതമാകുമ്പോൾ വിടെ കാണുന്ന താൻ തന്റെ കാഴ്ച തന്റെ കാഴ്ചയുടെ വിഷയങ്ങൾ ഇങ്ങനെ പലതനുഭവപ്പെടാം അങ്ങനെ പലതനുഭവപ്പെടുമ്പോൾ അവിടെയും എന്താണ് ഞാൻ കാണുന്നു എന്റെ പുറമെയാണ് താൻ കണ്ട വസ്തുക്കളല്ല ബാഹ്യമായിട്ടാണ് അനേകം പേരെ കണ്ടത് ജാഗ്രതമായിട്ട് വ്യത്യാസമില്ല അതാണ് പറഞ്ഞു വരുന്നത് ഒരേ ചിത്തം തന്നെ ഒരേ ചിത്ത് തന്നെ നാനാരൂപത്തിൽ നാനാജീവരൂപത്തിൽ അവിടെ അനുഭവപ്പെട്ടു തഥാ തഥി സ്വപ്നദൃക് ചിത്തം ഇതം തദ്ദൃശ്യമ അതുകൊണ്ട് അവിടെ കണ്ട സർവ്വതും എന്താണ് തദ്ദൃശ്യമേവേന സ്വപ്നദൃശൃശ്യം തദ്ശ്യം ആ സ്വപ്നദർക്ക് സ്വപ്നത്തെ കാണുന്നവൻ അവന്റെ ദൃശ്യമാണ് അവിടെ കണ്ടെന്ന് മുഴുവൻ അദൃശ്യം എന്ന് പറയുന്നതോ അത് സ്വപ്നദൃക് ഇവിടെ മൂന്ന് കാര്യങ്ങളെ പറയുന്നു ഒന്ന് സ്വപ്നദൃക്ക് സ്വപ്നദൃക് ചിത്തം മറ്റൊന്ന് സ്വപ്നദൃക് ചിത്ത ദൃശ്യം സ്വപ്നദ്രക് സ്വപ്നം കാണുന്നവൻ എന്തുകൊണ്ടാണ് കണ്ടത് അതവന്റെ ആ ചിത്തം അനങ്ങൾ ചിത്ത് എന്താണോ കണ്ടത് അതവന്റെ ചിത്തദൃശ്യം ഈ മൂന്ന് കാര്യങ്ങളാണ് അവിടെ ഈ മൂന്നും എന്താണ് അത് സ്വപ്നത്തിനെതിരെയാണ് ചിത്തന്നാമെന്ന ആസ്തി പക്ഷെ ഉണർന്നതിന് ശേഷം പറയുന്നു അവിടെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു സ്വപ്ന ചിത്തിനെ കുറിച്ച് പറയാണ് സ്വപ്നച്ചിത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അവിടെ ഉണരുന്നതുവരെ തുടർച്ചയായി മാറിക്കൊണ്ടിരുന്ന അറിവ് ഓരോ വസ്തുവിനെയും കാണുമ്പോൾ അതിനനുസരിച്ച് അറിവ് മാറിക്കൊണ്ടേയിരിക്കും ഈ അറിവ് അതാ സ്വപ്നദ്രുക്കിൽ നിന്ന് വേറെയല്ല ആരാണോ ആ ദൃശ്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നത് അവനിൽ നിന്ന് വേറിട്ട് ഒരു ചിത്തം അവിടെ ഇല്ല ചിത്തം അത് ആ സ്വപ്നദൃക്ക് തന്നെ അതാണ് സ്വപ്നദൃക് മേതരവിയുടെ ചിത്തം നാമം ൃശ്യങ്ങളോ തദ്ദൃശ്യം സ്വപ്നദൃക് ചിത്തം അദൃശ്യമോന്ന് പറയുന്നത് തന്നെ അവിടെ കണ്ട കാഴ്ചകൾ ആ കാഴ്ചകളോ ഉള്ളതിനു ശേഷം പറയുന്നു അവിടെ അങ്ങനെ വേറിട്ടൊരു കാഴ്ചയില്ലായിരുന്നു അവിടെ കണ്ട ആനയും കുതിരയൊന്നും വസ്തുക്കളായി ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ തന്നെ പറയുന്നു കണ്ടവൻ തന്നെ പറയുന്നു എന്താ അതിന്റെ താല്പര്യം എന്നിട്ട് ആ കാഴ്ചയല്ലാതെ വേറിട്ട വിഷയങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടില്ല എന്ന് പറയാൻ കഴിയുന്നില്ല ആർക്കും പറയാൻ കഴിയുന്നില്ല ഞാൻ സ്വപ്നം കണ്ടില്ല സ്വപ്ന അനുഭവത്തെ നിഷേധിക്കാൻ പറ്റുന്നില്ല പക്ഷേ ആ സ്വപ്നാനുഭവത്തിൽ ഉണ്ടായിരുന്ന ആ വസ്തുക്കൾ അത് സത്യമല്ലെന്നാ പറയുന്നു അനുഭവം ഉണ്ടായില്ലെന്നല്ല പിന്നെ വസ്തുക്കൾ എന്താ വസ്തുക്കൾ ആ സ്വപ്ന ചിത്തം തന്നെ എന്നാണ് ഇവിടെ പറയുന്നത് ആ ചിത്തത്തിൽ നിന്ന് വേറിട്ട് ഉണ്ടായിരുന്നു ഇല്ല അപ്പൊ ആ ചിത്ത സത്യമാണോ അല്ല കാരണം ഉണർന്ന് കഴിയുമ്പോ ആ അറിവെല്ലാം മറഞ്ഞുപോകുന്നു കണ്ടതാൻ മറയുന്നില്ല കണ്ടതാൻ തന്നെയാണ് ഉണർന്നിട്ട് അതിനെ സ്മരിക്കുന്നത് അപ്പൊ തനിക്ക് പറയാൻ കഴിയുന്ന എന്താണ് ആ സ്വപ്നദൃക് ചിത്തം കാഴ്ചകൾ അത് താൻ തന്നെയായിരുന്നു അതാണ് ചിത്തവും സ്വപ്നദൃക് കണ്ടുകൊണ്ടിരുന്നവനിൽ നിന്നും വേറിട്ടല്ല ദൃശ്യം വേറെയല്ല ദർശനം വേറെയല്ല എല്ലാം ദ്രഷ്ടാവതന്നായി ഇതാണ് അദ്വൈതം സ്വപ്നത്തിനിത് വളരെ വ്യക്തമായി ബോധിക്കുന്നു അതിനു കാരണം നമ്മൾ കഴിഞ്ഞ കൂടെ പറഞ്ഞു കാരണം അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും സ്വപ്നത്തിലെ ദർശനത്തിൽ നിന്നും ദൃശ്യത്തിൽ നിന്നും മാറാൻ കഴിയുന്നു ജാഗ്രതത്തിലേക്ക് അവിടെ ദർശനവും ദൃശ്യവും ഇല്ല അങ്ങനത് വ്യക്തമായും ബോധ്യപ്പെടുന്നു ആ ദർശനവും ദൃശ്യവും അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രത ദർശനവും ദൃശ്യവും ഇതിൽ നിന്നും മാറാൻ കഴിഞ്ഞാൽ ബോധിക്കും എന്താണ് ഇതും ർക്ക് മാത്രമാണ് അനുഭവില്ലെന്നല്ല സ്വപ്ന അനുഭവം ഇല്ലെന്നല്ല ഇവിടെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ലോ സ്വപ്ന മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുള്ള അർത്ഥം എന്നത് നമ്മുടെ അനുഭവമാണ് ജാഗ്രത പോലെ തന്നെ ഒരു അനുഭവമാണ് ആ അനുഭവത്തെ കുറിച്ച് നമുക്ക് ഇത്രേം പറയാനുള്ളു എന്താണ് അത് പരമാർത്ഥമല്ല സത്യമല്ല അതുപോലെ ഇത് മിഥ്യാണെന്ന് പറയുമ്പോൾ ഈ അനുഭവത്തെ നിഷേധിക്കുകയല്ല ഇതില്ലാത്തതാണെന്ന് പറയുകയല്ല ഒന്നിനെയും നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നിനും നമുക്കില്ല എന്ന് പറയാൻ കഴിയും മനസ്സിൽ സത്യമല്ലെന്നേ പറയാൻ പറ്റൂ ഇല്ല എന്ന് പറയുന്നു സത്യമല്ല എന്ന് പറയുന്ന രണ്ടും രണ്ടാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ അദ്വൈതത്തിൽ ഇല്ല എന്നുള്ള അർത്ഥമല്ല മിഥ്യാശബ്ദത്തിനില്ല എന്നുള്ള അർത്ഥമുണ്ട് സംസ്കൃത ഭാഷയിൽ പക്ഷെ ഇവിടെ അതല്ല ഇവിടെ എന്താണത് സത്യമല്ല എന്നുള്ള അർത്ഥമാണ് അവരുടെ സ്വപ്നാനുഭവം ഇല്ല എന്നല്ല പറയുന്നത് സ്വപ്നാനുഭവം സത്യമല്ല അവരുടെ ജാഗ്രത എന്നെന്താ പറയുന്നു മറിച്ചത് സത്യമല്ല സത്യമല്ല എന്ന് പറഞ്ഞെന്താ അതിന്റെ താല്പര്യം അവിടെ ദൃക്കിൽ നിന്ന് വേറിട്ടില്ല എന്നാണ് സത്യമല്ല എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ താല്പര്യം സത്യമല്ല എന്ന് പറയുന്നതിന് മറ്റൊരു താല്പര്യം ഗ്രഹിക്കാനും പാടില്ല ദൃക്കിൽ നിന്ന് വേറിട്ട ദർശനമില്ല ദൃശ്യവുമില്ല എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ പറയാൻ എന്താണ് ദൃഗ്രൂപത്തിൽ ഇതെല്ലാം ഉണ്ട് ദൃഗ്രൂപത്തിൽ ദർശനവുമുണ്ട് ദൃശ്യവുമുണ്ട് സ്വപ്നത്തിൽ ദൃഗ്രൂപത്തിലെല്ലാം ഉണ്ടായത് ഉണർന്നതിന് ശേഷം നമ്മൾ പറയുന്നു അത് സത്യമല്ല പക്ഷേ അത് വാസ്തവമായിരുന്നു സ്വപ്നം വാസ്തവമായിരുന്നു എന്ന് പറഞ്ഞാലും ദോഷമൊന്നുമില്ല എന്തുകൊണ്ട് കാരണം അത് നമ്മൾ അനുഭവിച്ചാണ് പ്രത്യക്ഷമായി അനുഭവിച്ചുകൊണ്ടിരുന്നാണ് ഇല്ലാത്ത ഒന്നിനെങ്ങനെ അനുഭവിക്കാൻ കഴിയും അനുഭവിക്കാൻ കഴിയും നമ്മളൊരു വസ്തുവിനെ അനുഭവിക്കുകയും അതായത് സമയം അതില്ലാത്താണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുക പ്രയാസമാണ് നമുക്ക് പറ്റുന്ന അബദ്ധം അതാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുകയും അതേസമയം ഇത് മിഥ്യാണെന്ന് ബോധ്യപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇല്ലാത്താണെന്ന് അതൊരിക്കലും നടക്കുന്ന കാര്യമാണ് പലരും ഞാനിയാകാൻ വേണ്ടി അങ്ങനെ പറയും എന്താണ് ഇതൊന്നും ഇല്ലാത്തതാണെന്ന് പറയും പറയുന്നതിന് യാതൊരു അർത്ഥമില്ല എന്തുകൊണ്ടാണ് ഒന്നിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെ അതില്ല എന്ന് പറയാനൊരു ഞാനിക്കും കഴിയത്തില്ല മറിച്ച് എന്തേ പറയാൻ കഴിയുമോ ഉള്ളതെന്നേ പറയാൻ കഴിയൂ ഇല്ലാത്തതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സ്വപ്നത്തിന് നമുക്ക് അതിനെ നിഷേധിക്കാൻ വയ്യാത്തത് നമ്മളെപ്പോഴാണ് അതിനെ നിഷേധിക്കുന്നത് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല എന്നും പറഞ്ഞ അനുഭവതരം വിടുമ്പം ജാഗ്രതയിലേക്ക് വരുമ്പോൾ നമ്മൾ നിഷേധിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് നിഷേധിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് നിഷേധിക്കാൻ പറ്റുന്നില്ല കാരണം അത് ഉള്ളതായതുകൊണ്ട് അത് അസത്യമായിരിക്കുകയും അതേസമയം ഉള്ളതായിരിക്കും ചെയ്യുന്നു അത് അങ്ങനെ ഉള്ളതായിരിക്കുന്നു രൂപത്തിൽ ഉള്ളതായിരിക്കുന്നു ദൃക്രൂപത്തിൽ അത് ഉള്ളതാണ് സ്വപ്നത്തിലെ ദർശനവും ദൃശ്യവും ദൃക് രൂപത്തിൽ അത് ഉള്ളതാണ് പക്ഷെ ദർശനം എന്നുള്ള നിലയ്ക്ക് ദൃശ്യം എന്നുള്ള നിലയ്ക്ക് അത് അസത്യമാണ് അത് ജാഗ്രതയിലെ ബോധ്യപ്പെടും സ്വപ്നത്തിൽ ബോധ്യപ്പെടുത്തില്ല എന്തുകൊണ്ട് ബോധ്യപ്പെടുന്നില്ല അത് ദീർഘരൂപത്തിൽ ഉള്ളതായിരിക്കുന്നു അതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ജാഗ്രത്തില് ഈ അനുഭവത്തെ നമുക്ക് ഇവിടെയും ഇത് ദീർഘ രൂപത്തിൽ ഉള്ളതായിരിക്കണം പിന്നെ ഇതിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും അതുകൊണ്ടിനെ നിഷേധിക്കുന്നതല്ല അദ്വൈതമെന്ന് പറയുന്നു അത് അസാധ്യമാണ് ും നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം ഇവിടെ നമ്മൾ ഈ അനുഭവത്തിൽ നിന്ന് മാറണം ഈ അനുഭവത്തിൽ നിന്ന് മാറുന്നത് സുഷൃതിയിലായി സൃഷ്ടിയെ കുറിച്ച് നമുക്ക് സങ്കല്പിച്ചാൽ അവിടെ ഇങ്ങനെ നിഷേധിക്കാൻ പറ്റും അല്ലാതെ സാധ്യ സൃഷ്ടിയെ സങ്കല്പിച്ച് നോക്കുക നമുക്കത് ജാഗ്രത അനുഭവിക്കാൻ കഴിയത്തില്ല സങ്കല്പിക്കാനേ സങ്കല്പിക്കുമ്പോ അവിടെ ഈ ദർശനവും ദൃശ്യവുമില്ല അവിടെ നമുക്ക് നിഷേധിക്കാൻ പറ്റും ഇത് സത്യമല്ലാന്ന് പറയാം നിഷേധിക്കാന്ന് പറയാം അവിടെ സുഹൃത്തിയെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് പറയാം എന്താണ് ഇത് സത്യമല്ല ഇത് ഇവിടെ അനുഭവപ്പെടുന്നില്ല പക്ഷെ അവിടെയും ദുർഖിനെ നിഷേധിക്കാൻ കഴിയും എന്തുകൊണ്ട് സുഹൃത്തിയെ സങ്കല്പിക്കുന്നവനാണ് ദൃർക്ക് അതാണ് ജാഗ്രത ിക്കുന്നത് അതാണ് സ്വപ്നത്തെ അസത്യം എന്ന് ബോധിച്ചത് അപ്പൊ ആ ദൃക്കിനെ നിഷേധിക്കാൻ പറ്റത്തില്ല മറത്ത് ദർശനത്തെയും അത് എവിടെയാണോ അനുഭവിക്കുന്നത് അവിടെ സാധ്യമല്ല അത് സ്വപ്നമായാലും ശരി അതുകൊണ്ട് പ്രപഞ്ചം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താൽപ്പര്യം ഈ ജാഗ്രത് മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് സത്യമല്ല ഇല്ലാത്തതല്ല എന്നല്ല ഏത് രീതിയിൽ സത്യമല്ല ദർശന രൂപത്തിലും ദൃശ്യരൂപത്തിലും ഇത് സത്യമല്ല ഏതു രീതിയിൽ സത്യമാണ് ദൃഗ്രൂപത്തിൽ അതാണ് സർവീതം ബ്രഹ്മ എന്ന് പറയുന്നത് സർവം ഈ സത്യം തന്നെ എന്ന് പറയുന്നതാണ് സ്വപ്നത്തിനും പറയാം ദൃഗ് ചിത്തം താമനത്തി ആ സ്വപ്ന ദൃക്കിൽ നിന്ന് വരട്ട് അവിടെ ചിത്തമില്ല ചിത്തമില്ലെങ്കിൽ ദർശനമില്ല ദൃശ്യമില്ല അവിടെ സർവ്വ ദൃക്ക് തന്നെ ഇക്കാര്യം ജാഗ്രതയിൽ അടുത്ത് സമർത്ഥിക്കുകയാണ് അടുത്ത കാര്യം സ്വപ്ന വിന്ദ് പൃഥക്േ വേദം സ്വപ്നദൃക്ഷ്യാഗരുതേ ജാഗ്ര ദക്ഷു വൈദശസുസ് അണ്ടജന് വീ ജീവാൻ പശ്യത്തി ജാഗ്രതോ ജീവാ തതിരിക്തീക്ഷണി ജീവവത് രണ്ടു കാര്യം താല്പര്യം പറയുന്നു ജാഗ്രത നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് എന്താണോ ഇതനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ചർച്ച ചെയ്യുന്നതെല്ലാം ജാഗ്രത അതുകൊണ്ട് നമ്മൾ പറയുന്നു സ്വപ്നത്തിനൊന്നും വ്യത്യാസം ഉണ്ട് സ്വപ്നത്തിൽ എല്ലാം ഉള്ളിലാണ് കണ്ടത് സ്വപ്നത്തിൽ താൻ തന്നെയാണ് കണ്ടത് പക്ഷെ തന്റെ ഉള്ളിൽ കണ്ടു ആദ്യം ഉറക്കം ഉറക്കത്തിൽ സ്വപ്നം സ്വപ്നത്തിൽ പലതുങ്ങൾക്കും ഇവിടെ അങ്ങനെയല്ല ജീവാഹ ജാഗ്രത ദൃശ്യ ഇവിടെയെല്ലാം പുറമേ കാണും കാണുന്നവനായ താൻ ഇതിൽ നിന്നെല്ലാം മാറി നിന്ന് കാണും തനിക്ക് പുറമേ ഉണ്ട് ഇവിടെ എന്നാണ് അതിൽ രണ്ടും ഇങ്ങനെ തുല്യമാകും തുല്യമല്ലാന്നുള്ളതിന് പല വ്യക്തിയോടും പറയും അതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്താണ് ദൃശ്യത്വം എന്ന് പറയുന്നു പറയുകയാണ് ദൃശ്യം എന്ന് പറയുമ്പോൾ തന്നെ അത് ജാഗ്രതനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ബാഹ്യമായി ഉള്ളിലും ദൃശ്യങ്ങളുണ്ടാകാം പക്ഷെ ഇവിടെ എല്ലാം ബാഹ്യമായി കാണും പക്ഷെ പറയുന്നു അത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് തത് ചിത്ത അവ്യതിരിക്താഹ ും സ്വപ്നം പോലെ തന്നെ അവിടെയും കണ്ടുകൊണ്ടിരുന്നപ്പോ അതെന്ന് മാറിട്ടാ പറയുന്നത് അതെന്റെ ഉള്ളിലായിരുന്നു അത് ശരിയാണത് ജാഗ്രത്തിൽ വന്നിട്ട് നോക്ക് പറയാൻ കഴിയുന്നു ഉള്ളിലായിരുന്നു അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അത് പുറമേയായിരുന്നു അവിടെയും ദൃശ്യം ബാക്കിയ ദൃശ്യം പക്ഷെ അവിടെ ഒരു കാര്യം ബോധ്യപ്പെട്ടെന്താണോ ചിത്ത്യതിരിക്ത ചിത്തിൽ നിന്ന് വേറിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചിത്ത് തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ദൃശ്യങ്ങളും ചിത്തത്തിൽ നിന്നും വേറിട്ടല്ല അതങ്ങനെ ശരിയാകുമെന്ന് ചോദിക്കും ഇത് ചിത്രത്തിൽ നിന്ന് വേറിട്ടല്ല എന്ന് ഇങ്ങനെ പറയാൻ പറ്റൂ അതിന് യുക്തിയില്ല എന്ന് തോന്നുന്നു കാരണം നമ്മൾ എന്താണ് ധരിക്കുന്നത് പുറമേ വസ്തു ഇരിക്കുന്നു അതുകൊണ്ട് വസ്തുവിനെ നമ്മൾ കാണുന്നു നമ്മൾ കണ്ടില്ലെങ്കിലും വസ്തു ഇതാണ് നമ്മുടെ യുക്തി കാണാതിരുന്നപ്പോഴും ഈ വസ്തു കാണണം ഇനി നാളെ ഞാൻ കാണാതിരുന്നാലും വസ്തു ഇവിടെ കാണും എന്റെ കാഴ്ചയനുസരിച്ചല്ല എന്റെ ചിത്തത്തെ ആശ്രയിച്ചല്ല ബാഹ്യമായ വസ്തു നിൽക്കുന്നത് എന്നാണ് ഇതാണ് യുക്തി അതുകൊണ്ട് ചിത്രത്തെ നിന്ന് വേറിട്ട് വസ്തുവിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട് ജാഗ്രത എന്നാണ് നമ്മൾ പറയുന്നത് സ്വപ്നം അങ്ങനെയല്ല അവിടെ ചിത്തത്തിൽ നിന്നും വേറിട്ട് വസ്തുവിനും നിലനിൽപ്പില്ല എന്തുകൊണ്ട് ഉണർന്നു കഴിഞ്ഞപ്പോ അവിടെ ആ ദർശനവും ഇല്ല ദൃശ്യവുമില്ല രണ്ടും ഒരുമിച്ച് പോകും ഇവിടെ അങ്ങനെ അല്ല ഇവിടെ ദൃശ്യങ്ങൾ മാറി മാറി ഭൂത വർത്തമാന ഭാവി മൂന്ന് കാലത്തിൽ നിലനിൽക്കുന്നു ദർശനമാണെങ്കിലോ ഈ വർത്തമാനത്തിൽ മാത്രം രണ്ടും എങ്ങനെ ഒന്നെന്ന് പറയാൻ പറ്റും പക്ഷെ എന്താണ് ഇവിടെയും ചീത്ത അഭ്യതിരിക്ത ചിത്രത്തിൽ നിന്നും വേറിട്ടിവിടെ ദൃശ്യമില്ല ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്കുള്ളൊരു കാര്യം ചെയ്യുക ഒരു ദൃശ്യത്തെ അവന്റെ ദർശനത്തിൽ നിന്ന് വേർപെടുത്താൻ നോക്കുക ഏതെങ്കിലും ഒരു ദൃശ്യം മുമ്പിലിടിക്കുന്ന ഒരു വസ്തുവനെ തന്റെ ദർശനത്തിൽ നിന്നും തന്റെ കാഴ്ചയിൽ നിന്നും വേർപെടുത്തുക ഒരു ബുദ്ധിമാനും അത് സാധ്യമല്ല എന്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിനൊക്കെ എനിക്കിതാ എന്റെ മുമ്പിൽ വർത്തമാന കാലത്തിൽ പ്രത്യക്ഷമായി എന്ന് തന്നെ എങ്ങനെ ഈ വസ്തുവിനെ എന്റെ അറിവിൽ നിന്ന് വേർപെടുത്താൻ കഴിയും ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വേർപെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വേർപ്പെടുത്താൻ കഴിയാത്ത വസ്തു അത് രണ്ടാമതൊന്നല്ല ചിത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ദർശനത്തിൽ നിന്നും ദൃശ്യത്തെ വേർതിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് ആ ദൃശ്യം ദർശനത്തിൽ നിന്നും വേറെയല്ല അല്ലെങ്കിൽ നമ്മളത് വേർപെടുത്തണം അറിവിൽ നിന്ന് വേർപെട്ട ഒരു വിഷയത്തെ ആ വിഷയത്തെ നമ്മൾ അറിയുന്നു ഇല്ല കാരണം അതറിയുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു അറിവിൽ നിന്നും വേർപെടുത്താൻ കഴിയില്ല ഇവരിത് ഭൂത ഭാവി കാലങ്ങളിൽ ശരി ഞാനിപ്പോൾ ഇതിനെ അറിയുന്നു മുമ്പ് ഞാൻ അറിയാതിരുന്നപ്പോൾ ഭാവിയിൽ ഞാനിതിനറിയാതിരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രമാണമായി പറയുന്നത് എന്തിനാണ് അറിവിനെയാണ് അനുഭവത്തെയാണ് അനുഭവമാണ് മുഖ്യമായ പ്രമാണമായി പറയുന്നത് ഏത് കാര്യത്തിനും അവസാനം പറയുന്നത് എന്താണ് ഞാനത് അറിയുന്നു അതുകൊണ്ട് എനിക്കത് ശരിയാണ് ഞാൻ അറിയുന്നു അതുകൊണ്ടത് തെറ്റാണ് ഞാൻ അറിയുന്നു അതുകൊണ്ടത് സത്യമാണ് ഞാനതിനസത്യമായി അറിയുന്നു അതുകൊണ്ട് അസത്യമാണ് ഇങ്ങനെ അറിവിനെയാണ് ആത്യന്തികമായി പ്രമാണമായി സ്വീകരിക്കുന്നു ഭൂതഭാവിയിൽ ഈ വസ്തുവിനെക്കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ നിലനിൽപ്പ് നമ്മളെ അറിവിനെ ആശ്രയിച്ച് നമ്മൾ മുമ്പ് അറിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇതിന്റെ ഭൂതത്തെക്കുറിച്ച് നമുക്ക് സ്മരിക്കാൻ പറ്റും അറിഞ്ഞിട്ടില്ലെങ്കിലോ ഈ വസ്തുവിനെ ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് സ്മരിക്കും ഞാനിത് അറിഞ്ഞതയാൽ ഭാവിയിൽ അതുപോലെ തന്നെ ഞാനിത് അറിയേണ്ടതാണ് എന്ന് സങ്കല്പിക്കും വസ്തു ഏത് രീതിയിലായാലും ശരി അതിന് അറിവിനെ വിട്ടിട്ട് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയില്ല അറിവിലൂടെ വസ്തുവിന്റെ അസ്തിത്വത്തെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും അതിനെ നിഷേധിക്കണമെങ്കിലും അതിനെ സംബന്ധിച്ചറിവ് വേണം അറിയാത്ത ഒന്നിനെ നിഷേധിക്കാനും സാധ്യമല്ല അറിയാത്ത ഒന്നിനെ സ്മരിക്കാനും സാധ്യമല്ല അറിയാത്ത ഒന്നിനെ ഭാവിയിൽ സങ്കല്പിക്കാൻ സാധ്യമല്ല ഇപ്പൊ ചിത്തരിക്ത ഈ അറിവിൽ നിന്ന് വേറിട്ടൊരു വസ്തുവിനെ നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു സമ്മർദ്ദൻ അങ്ങനെ ചെയ്യുന്ന എന്താനാണ് അറിവിൽ നിന്ന് വസ്തുവിനെ വേർതിരിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ് നമ്മൾ സങ്കല്പിക്കുന്നോ ആ വസ്തുവിനെ കുറിച്ച് ഉടനത് സങ്കല്പം തന്നെ അറിവായി അറിവിനോട് ചേർന്ന് വസ്തു അറിവിലൂടെ പ്രത്യക്ഷപ്പെടും അല്ലെങ്കിൽ അറിവ് വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു അറിവിൽ വസ്തു പ്രകാശിക്കുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയും നമ്മളുടെ അറിവിൽ നിന്ന് വേറിട്ടൊരു വസ്തു അങ്ങനെ ഒന്നില്ല എന്നാണ് ിത്ത വ്യതിരിക്ത ജാഗ്രത കാണുന്ന സർവവസ്തുക്കൾ ഇവിടെ പറയും നൊണ്ടജാൻ സേതജാൻ ഉദ്ഭിത ഉദ്ഭിജാൻ നാനാതരത്തിലുള്ള ജീവഭാവങ്ങൾ ഈ ജീവന്മാരെങ്ങനെ നിങ്ങൾക്ക് അറിവിൽ നിന്ന് വെറുതിരിക്കാൻ കഴിയും സാധ്യമല്ല പിന്നെ കാണുമ്പോ അറിവ് വേറെയാണ് അറിവിന് ഞാൻ കാണുന്നു എന്നൊക്കെയാണല്ലോ അനുഭവം അതിന്റെ അർത്ഥം ഈ കാണുന്ന വസ്തുക്കളുടെ അറിവിൽ നിന്ന് വേറെ എന്നുള്ളതായിരുന്നു ഈ കാണുന്ന വസ്തുക്കളെ എന്താണ് ആദ്യം താൻ തന്നെ കുറിച്ചുള്ള ബോധം ഈ ശരീരത്തിലേക്ക് വരുന്നു ഈ ശരീരത്തിന് ബാഹ്യമായ ദേശഗാനങ്ങളെ കൽപ്പിക്കുന്നു പ്രത്യേകമായും ദേശത്തെ കൽപ്പിക്കുന്നു അവിടെ ശരീരത്തിൽ നിന്ന് അന്യമായ വസ്തുക്കളെ കല്പിക്കുന്നു ഇതെന്നെ അറിവ് ചെയ്യുന്ന അറിവിൽ നാനാ വസ്തുക്കൾ പ്രതീതമാകുന്നു ഇത് സ്വപ്നത്തിൽ സംഭവിച്ചതുപോലെ തന്നെ സ്വപ്നത്തിനും ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ അവിടെ അറിവ് ബാഹ്യമായ ശരീരബാഹ്യമായ സ്വപ്നത്തിൽ ഒരു ശരീരം ഉണ്ടായിരുന്നു ആ ശരീരബാഹ്യമായ വസ്തുക്കളെ അവിടെ കണ്ടു അതിനെ നമ്മൾ പറയുന്നത് കൽപ്പിച്ചതാണ് ഉണർന്നതിനു ശേഷം പറയുന്നു ആ സമയത്ത് അത് കൽപ്പിച്ചായിരുന്നില്ല അത് പ്രത്യക്ഷമായിരുന്നു അവിടെയും നമുക്ക് അറിവിൽ നിന്നാ വസ്തുക്കൾ വേർതിരിക്കാൻ കഴിയുന്നില്ല അവിടെയും വസ്തുക്കൾക്കറിവിൽ നിന്ന് സ്വതന്ത്രമായൊരു നില ഉണ്ടായിരുന്നില്ല അത്രയും ഇവിടെയും സംഭവിക്കുന്നു വസ്തുക്കൾക്കറിവിൽ നിന്നും സ്വതന്ത്രമായൊരു നില ഇവിടെയില്ല കേവലം അറിവിനെ ആശ്രയിച്ച് മാത്രമാണ് ഇത് നിലനിൽക്കുന്നത് അങ്ങനെ നമുക്ക് ഒരു വസ്തുവിനെ സംബന്ധിച്ച് പോലും ഇവര് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് പോലും ബോധിക്കാൻ കഴിയുന്നില്ല എന്റെ അറിവ് എന്റെ അറിവിൽ നിന്നും ഈ ശരീരത്തെ മാറ്റും അല്ലെങ്കിൽ ഈ ശരീരത്തിൽ നിന്ന് എന്റെ അറിവിനെ മാറ്റും അങ്ങനെയൊന്നും സാധ്യമല്ല ശരീരം എന്റെ അറിവിൽ ആണ് പ്രകാശിക്കുന്നത് നിങ്ങളുടെ അറിവ് ഈ ശരീരത്തെ പ്രകാശിപ്പിക്കുകയാണ് പിന്നെങ്ങനെ അറിവിൽ നിന്ന് ശരീരത്തെ മാറ്റാൻ കഴിയും അതുകൊണ്ട് പറയുന്നത് എന്താണ് ചിത്ത അവ്യതിരിക്ത ജാഗ്രത്തിനേത് സ്വപ്നത്തിന്റേതുപോലെ തന്നെ ചിത്തത്തിൽ നിന്നും അവ്യതിരിക്തമായി വേറിട്ട് നിൽക്കാതെ ഇത് പ്രകാശിക്കുന്നു അറിവിൽ നിന്ന് വേറിടാതെ സർവ്വ വസ്തുക്കളും പ്രകാശിക്കുന്നു അറിവിൽ നിന്ന് വേറിട്ട ഒരു വസ്തു സങ്കല്പിക്കാനേ കഴിയില്ല ഏത് വസ്തുവിനെക്കുറിച്ചുള്ള സങ്കല്പം എന്താണോ ആ വസ്തുവിന്റെ പ്രകാശമാണ് വസ്തുവിനെ അറിവ് പ്രകടമാക്കുന്നതാണ് പിന്നെ എങ്ങനെയാണ് വസ്തുവിന് അറിവിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായ നിലയുണ്ടെന്ന് പറയുന്നു അറിയാതെ വസ്തു നിലനിൽക്കുമെന്ന് പറയുന്നതാണ് ക്രിശൂന്യമായ കാര്യം അറിയാതെ ഏത് വസ്തു നിലനിൽക്കുന്നു നിങ്ങൾ ഏത് വസ്തുവിനെയാണോ അറിയാതെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ആ വസ്തുവിനെ കുറിച്ചുള്ള വസ്തുവിനെ നിങ്ങൾ നിലനിൽക്കുന്നില്ല എന്നറിയും അതുകൊണ്ട് ഒന്നും തന്നെ എന്താണ് ചിത്തത്തിൽ നിന്നും വെതിരിട്ട് ചിത്തിൽ നിന്നും വെതിരിട്ടൊരു വസ്തുവില്ല വേറിട്ട് എന്തുകൊണ്ട് ചിത്തവീക്ഷണീയത്വ സർവവും ചിത്തത്തിൽ പ്രതീതമാകുന്നു സർവവും അറിവിൽ പ്രകാശിക്കുന്നു അറിവിൽ പ്രകാശിക്കുന്ന അറിവിൽ നിന്ന് വേറെയാണെന്ന് പറയുന്നതിൽ എന്താ ല്ലാതെ എന്താ പ്രകാശിക്കുന്നു സർവുമറിവിലല്ലേ പ്രകാശിക്കുന്നു സർവദൃശ്യുന്നു ചിത്തീക്ഷണിക്ക് പോവാ സർവവും അറിവിലാണ് പ്രകാശിക്കുന്നത് ഇത് ഇവിടെ മനസ്സിലാക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ സ്വപ്നത്തിലേക്ക് പോവുക സ്വപ്ന ചിത്ത ഈക്ഷണീയ ജീവ സ്വപ്ന ചിത്ത് സ്വപ്നദൃക് അത് കണ്ട വസ്തുക്കളെപ്പോലെ അത് കണ്ട ജീവന്മാരെ പോലെ സ്വപ്നത്തിൽ കണ്ട നാനാത്വം പോലെ അതറിവിൽ പ്രകാശിക്കുന്നത് പോലെ വാസുത്തിൽ സ്വപ്ന ദൃഷ്ടാന്തത്തിന്റെ ആവശ്യം തന്നെ തന്നെ സ്പഷ്ടമാണ് എന്നാലും സ്വപ്നത്തെ എന്തിനും ഇവിടെ പറയുന്നു കാരണം സ്വപ്നത്തിൽ നിന്ന് മാറി നിന്ന് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കാനിപ്പോൾ കഴിയും അതുപോലെ ജാഗ്രതയിൽ നിന്ന് മാറി നിന്ന് ജാഗ്രതയെ ചിന്തിക്കാൻ കഴിയും ജാഗ്രതയിൽ മാറ്റത്തെക്കുറിച്ച് സങ്കല്പിക്കാനേ കഴിയും ശുഷുദ്ധിയെക്കുറിച്ചും അതുകൊണ്ട് നിഷാന്തമായി സ്വപ്നത്തു കൂടിയിടുന്നു എന്നിട്ട് പറയുന്നത് എന്താണോ ഈ ജാഗ്രത അതുപോലെ തന്നെയാണ് ഈ ജാഗ്രത മാറിയാൽ ഇത് ബോധ്യപ്പെടും എങ്ങനെയാണോ സ്വപ്നത്തിന്റെ സത്യം ബോധ്യപ്പെട്ടത് സ്വപ്നത്തിൽ നിന്നുള്ള ഉണർവെന്ന് പറയുന്നത് എന്താണോ സ്വപ്നത്തിന്റെ സത്യം ബോധ്യപ്പെടലാണ് അതുപോലെ ഈ ജാഗ്രത്തിന്റെ സത്യവും ബോധ്യപ്പെടാം നീ ജാഗ്രതും ഉണർണം ജാഗ്രത ഉണർവെന്ന് പറയുന്നത് എന്താണ് നീ അറിവാണെന്താണ് ഇത് ചിത്തത്തിൽ നിന്ന് വേറിട്ടല്ല സ്വപ്നത്തിൽ നിന്നുള്ള ഉണർവെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ധരിക്കുന്നു ഉറങ്ങും കിടന്നു സ്വപ്നം കണ്ടു ഉണർന്നു അതൊന്നുമല്ല എന്താണ് ഓരോ സ്വപ്നം കഴിയുമ്പോഴും നമ്മൾ എന്താ ധരിക്കുന്നത് വാസ്തവത്തിൽ അവിടെ ദൃർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് നമ്മൾ ഓരോ തവണയും ധരിക്കുന്നത് സ്വപ്നം കൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇത് തന്നെയാണ് ജാഗ്രത ധരിക്കേണ്ടത് ഇവിടെയും ദൃർക്ക് മാത്രമേ ഉള്ളൂ സ്വപ്നത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ദർശനവും ദൃശ്യവും അവർക്കും മാത്രം അതാണ് സ്വപ്നത്തെ സംബന്ധിച്ച് നമ്മൾ ബോധിക്കുന്നത് സ്വപ്നം എന്ന് പറയുന്ന ഈ ഒരവസ്ഥ തുരിയൻ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ഈ സത്യത്തെ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് തുര്യന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് അതിന് ഓരോ സ്വപനം കഴിയുമ്പോഴും ആ തുര്യൻ സസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന എന്താണോ കേവലം ദ്രിങ് മാത്രാണ് കേവലം ദൃക്ക് മാത്രമാണ് അതിൽ നിന്നുള്ള ഉണർവെന്ന് പറയുന്നത് ആ ദർശനത്തെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നിഷേധിച്ച് കേവലം ദൃക്ക് മാത്രമാണെന്ന് ബോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാ സ്വപ്നം കൊണ്ടെന്താ പ്രയോജനം സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ജാഗ്രതയും ഉപയോഗം അത് ജാഗ്രത ഉപയോഗവും കേവലം തീർക്ക് മാത്രമാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് അതിനൊരു ദൃഷ്ടാന്തമായി സ്വപ്ന അനുഭവത്തെയും ഇത്തുരി നിലനിർത്തിയിരിക്കുകയാണ് അപ്പൊ സ്വപ്നത്തിൽ നിന്നും ഇത് ബോധിക്കാമെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ബോധിക്കുന്നതിന് യാതൊരു ശ്രമവും ആവശ്യം സ്വപ്നത്തിൽ ദൃഗ്മാത്രമായിരുന്നു എന്ന് ബോധിക്കുന്നതിന് ആർക്കും ശാസ്ത്രം ആവശ്യമില്ല ഗുരു ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല ആർക്കും ബോധിക്കാം കേവലം ദൃഗ്മാത്രനാണ് അതിനെപ്പുറം എന്താണ് സഹജ അവബോധം സഹജമായി ബോധിക്കാൻ കഴിയും ഈ സ്വപ്ന ദൃഷ്ടാന്തം എന്ന് സാധന പറയും അത് സഹജവബോധത്തിനുള്ളതാണെന്ന് പറയും അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സ്വപ്ന ദർശനത്തെ സംബന്ധിച്ചും ദൃശ്യത്തെ സംബന്ധിച്ചുമുള്ള പരമാർത്ഥത്തെ സഹജമായി ബോധിക്കാനുള്ളതാണ് അതിനെപ്പറിയെന്താണ് പല നിരപേക്ഷമായിട്ടുള്ള ബോധം പ്രമാണ പ്രമേയങ്ങളൊന്നും കൂടാതായുള്ള ബോധം അതുകൊണ്ടാണ് ആത്മബോധത്തെ സഹജാവബോധം എന്ന് പറയുന്നത് ജാഗ്രതന്നെയാണ് സംഭവിക്കേണ്ടത് സ്വപ്നത്തിനെങ്ങനെയാണോ അനായാസമായി സംഭവിച്ചത് സഹജാവബോധം ഉണ്ടായത് സ്വപ്നത്തിന് ശേഷം ദൃങ് മാത്രമാണ് ദർശനവും ദൃശ്യവും ദൃങ് മാത്രമാണെന്നുള്ള അവബോധമുണ്ടായത് ആ സഹജാവബോധം ജാഗ്രത സംഭവിക്കും അതിന് പ്രയാസമില്ലേ എന്ന് ചോദിക്കും സ്വപ്നത്തിനെന്ത് പ്രയാസമാണ് ഉണ്ടായത് സ്വപ്നത്തിനെന്ത് പരിശ്രമമാണ് വേണ്ടി വന്നത് സ്വപ്നത്തിൽ പരിശ്രമം വേണ്ട പരിശ്രമം വേണ്ടയാണ് വേണ്ടിവരുന്നത് അന്യഥാ ബോധത്തിനാണ് മറിച്ചുള്ള ബോധങ്ങൾക്ക് പരിശ്രമം ആവശ്യമാണ് നമുക്ക് ജാഗ്രത പരിശ്രമിക്കുന്നു മനസ്സ് പരിശ്രമിക്കുന്നു ഇന്ദ്രിയങ്ങൾ പരിശ്രമിക്കുന്നു അതുകൊണ്ടാണ് സുഷ്ടിയിലേക്ക് പോകുന്നത് ക്ഷീണം മാറാൻ വിശ്രമിക്കുന്നു അവിടെയൊക്കെ പരിശ്രമം ആവശ്യമാണ് എന്തുകൊണ്ടാണ് അതെല്ലാം അന്യഥാബോധമാണ് അന്യഥാബോധത്തിനാണ് പരിശ്രമം ആവശ്യം സഹജാവബോധത്തിന് പരിശ്രമം ആവശ്യം സഹജമെന്ന് പറഞ്ഞാൽ ഒരു പരിശ്രമവും കൂടാതെ സംഭവിച്ചു അതാണ് സ്വപ്നത്തെ സംബന്ധിച്ച് സംഭവിച്ചത് സ്വപ്നത്തിന് ശേഷം ആ ദൃക്കാണെന്ന് ബോധിച്ചത് അതിന്റെ ഒരു പരിശ്രമവും വേണ്ട അതുതന്നെ ജാഗ്രത സംഭവിക്കും അതിനാണ് ഇവിടെ തിരിയാധിഗമം എന്ന് പറയുന്നത് എല്ലാ പരിശ്രമങ്ങളും ആ പരിശ്രമ ശ്രമരഹിതമായ സഹജാവബോധത്തിന് വേണ്ടിയാണ് ആ സഹജാവബോധത്തിൽ എല്ലാ ശ്രമങ്ങളും അവസാനിക്കുന്നു അതിനുവേണ്ടിയിട്ടാണ് സ്വപ്നത്തെയും ജാഗ്രതയും താരതമ്യപ്പെടുത്തി ചിന്തിക്കുന്നത് അതുകൊണ്ട് ഇവിടെ പറയുന്നെന്താണിത് ഈ ജാഗ്ര ദൃശ്യങ്ങൾ ആ സ്വപ്ന ദൃശ്യങ്ങളെപ്പോലെ തന്നെ ഈ ജാഗ്ര ദർശനം ആ സ്വപ്നദൃശ്യത്തെ പോലെ തന്നെ ഈ ജാഗ്ര ദൃക് ആ സ്വപ്നദൃക്ക് തന്നെ ചിത്തയൂക്ഷണീയത്വാം രണ്ടും ചിത്തയൂക്ഷണീയമാണ് ഇവിടെയും നാനാത്വം കാണുന്നു അനേക ജീവന്മാരെ കാണുന്നു അവിടെയും ഇതെല്ലാം സംഭവിച്ചിരുന്നു അതുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല രണ്ടിടത്തും ദൃർക് സ്വരൂപത്തെ ബോധിക്കുക ദൃർഘിനെയാണ് ബോധിക്കേണ്ടത് ദർശനത്തെയും ദൃശ്യത്തെയും ദീർഘായി ബോധിക്കും എന്ന് പറഞ്ഞത് അതിനുവേണ്ടി ഇവിടെ രണ്ടിനെയും താരതമ്യപ്പെടുത്തി പറയും സ്വപ്നത്തിൽ കാര്യം വിശദീകരിച്ചത് കൊണ്ട് ഇത് വളരെ സ് യും മൂന്നിനെ ഒന്നാക്കുന്നു ഒന്നും ചിത്ത ദൃശ്യം സ്വപ്നത്തിനും ചിത്തദൃശ്യങ്ങളുണ്ടായിരുന്നു ജാഗ്രത്തിനും ചിത്തദൃശ്യങ്ങൾ പിന്നെ ആ ദൃശ്യത്തെ പ്രകാശിപ്പിക്കുന്ന ചിത്തം അല്ലെങ്കിൽ ചിത്തം എന്ന് പറഞ്ഞാൽ ഇവിടെ ചിത്തം എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ നമ്മൾ പറയുന്ന മനസ്സൊന്നും ബുദ്ധിയൊന്നുമുള്ള അർത്ഥത്തിലുണ്ട് ചിത്ത് സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ ചിത്ത് എന്താണ് ദുർക്കാണ് ദൃശ്യം ചിത്താണ് ചിത്തം അല്ലെങ്കിൽ ചിത്ത് ദൃക്കാണ് അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് നല്ല ജാഗ്ര ചിത്തീക്ഷണീയാസ്തേ ഈ കാണുന്ന സർവ്വവും ചിത്തീക്ഷണീയമാണ് ചിത്ത് പ്രകാശിപ്പിക്കുന്നതാണ് ചിത്ത് പ്രകാശിപ്പിക്കുന്നതിന് ആ പ്രകാശത്തിൽ നിന്ന് വേറാക്കാൻ വയ്യ ആർക്കും സാധ്യമല്ല അറിവിൽ നിന്ന് വേറിട്ടൊരു പദാർത്ഥത്തെ എടുത്ത് കാണിക്കാൻ എല്ലാ പദാർത്ഥങ്ങളും അറിവിൽ പ്രകാശിക്കുന്നു നിങ്ങളതിനെ വേർവിരിക്കാൻ ശ്രമിച്ചാൽ അതും അറിവായിരിക്കും വേറെ വിരിക്കുന്നു എവിടെയാ പദാർത്ഥം പോകും അറിവിൽ നിന്നും അതിനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല എവിടെ പോയാലും അറിവ് അതിനെ പിന്തുടരും പദാർത്ഥത്തിന് ഒളിച്ചിരിക്കാൻ ഒരിടമില്ല അറിവിൽ നിന്നും മാറിയിരിക്കാൻ ഇടവില്ല എങ്ങോട്ട് മാറ്റും ഒരു വസ്തുവിന് അറിവിൽ നിന്നും കാരണം അത് അറിവിൽ പ്രകാശിക്കുന്നതുകൊണ്ട് തന്നെ അറിവിൽ നിന്നും അതിന് മാറാൻ സാധ്യമല്ല അതിന് മാറാൻ സാധ്യമല്ലെങ്കിൽ നിന്ന് പറഞ്ഞു എന്താണോ അതത് തന്നെയാണ് അതതിന്റെ സ്വഭാവമാണെന്ന് പറയും അഗ്നിയിൽ നിന്നതിന്റെ ഉഷ്ണത്തെ നമുക്ക് മാറ്റാൻ കഴിയുന്നില്ല അതുകൊണ്ടെന്ത് പറയും അത് അഗ്നിയുടെ സ്വഭാവമാണെന്ന് പറയും മാറ്റാൻ കഴിയാത്ത ഉഷ്ണത്തിന് എങ്ങനെയാണ് അഗ്നിയിൽ നിന്നും മാറിപ്പോകാൻ കഴിയുന്ന ഇവിടേക്കത് മാറും കാരണം മാറി നിൽക്കാൻ പറ്റൊരിടമില്ല അതിന് അഗ്നിയേ ഉള്ളൂ അതാണ് ഉഷ്ണത്തിന്റെ സ്ഥിതി വാസ്തവസ്ഥിതി അതാണ് അതിന് ജലത്തിപ്പോയിരിക്കാൻ പറ്റുന്നില്ല മാറാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് ഉഷ്ണം അഗ്നിയുടെ സ്വഭാവമാണ് എന്നുവെച്ചാൽ അത് അഗ്നിയിൽ നിന്ന് വേറിട്ടല്ല ഉഷ്ണം അതുപോലെ അറിവിൽ നിന്ന് വേറിട്ട് ഒരു വസ്തുവിനും നീക്കാൻ കഴിയുന്നില്ല നിലനിൽക്കില്ല അറിവാണ് അതിനെ പ്രകാശിപ്പിക്കുന്നത് അറിവാണ് അതിന്റെ സത്ത ഉണ്മ അതറിവാണ് റിവിൽ നിന്ന് വേറിട്ട് എങ്ങനെ പോകും ഒരു പദാർത്ഥം അതുകൊണ്ട് അത് അറിവിൽ നിന്ന് വേറിട്ടല്ല അത് അറിവിന്റെ സ്വഭാവം തന്നെയെന്ന് പറയും അതുകൊണ്ട് പറയും ഇത് അറിവിന്റെ സ്വഭാവമാണ് അറിവിന്റെ തന്നെ പ്രതീതിയാണ് വേറെ നിരത്തി പറയുമല്ലോ രജ്ജുവിൽ കാണുന്ന സർപ്പം അത് രജ്ജു തന്നെയാണ് അമ്പര മരീതിക എന്ന് പറയുന്നത് ആ പ്രകാശം തന്നെയാണ് വേറിട്ടല്ല അതിനൊന്നും അതിനൊന്നും മാറ്റാൻ കഴിയത്തില്ല അങ്ങനെയാണെങ്കിൽ അറിവിൽ നിന്നും ദൃശ്യത്തെ എങ്ങനെ മാറ്റാൻ കഴിയും ജാഗ്രതയുടെ കാര്യം പറയുകയാണ് അതുകൊണ്ട് ജാഗ്രത ചിത്തവീക്ഷണീയങ്ങളായിരിക്കുന്ന ഈ സർവവും ന വിദ്യന്ത ഒരു പ്രത്യേകിച്ച് ഭാഷകാരൻ ഭാഷ വിധിച്ചു അതും സ്പഷ്ടമാണ് ചിത്തിൽ നിന്ന് അതിന് വേറിട്ട് നിലനിൽപ്പില്ല വേറെയല്ല ചിത്ത് തന്നെയാണ് അത് വേറിട്ടാണെന്ന് പറഞ്ഞാൽ അത് മിഥിയാണ് ചിത്തായിട്ട് അത് സത്യമാണ് ഇതാണ് അങ്ങേയറ്റം പറയാനുള്ളത് കാരണം അതിന്റെ സത്ത എന്ന് പറയുന്നത് എന്താണ് അതിചിത്ത് തന്നെയാണ് പിന്നെ അവിടെ എവിടെ അസത്യം വരുന്നത് സത്യത്തിനെങ്കിലും അസത്യം നിലനിൽക്കും സത്യത്തിൽ അസത്യത്തിന് നനകാൻ പയ്യോ പിന്നെ അസത്യത്തിന് സ്വന്തമായി നനകാൻ പറ്റും പറ്റത്തില്ല ഉഷ്ണത്തിന് അഗ്നിയിൽ നിന്ന് വേറിട്ടെവിടെയെങ്കിലും നനകാൻ പറ്റും സ്വതന്ത്രമായിട്ട് പറ്റില്ല അഗ്നി തന്നെയാണ് അഗ്നി ഒന്ന് ഉഷ്ണൻ രണ്ട് അങ്ങനെ രണ്ടില്ല സത്യം ഒന്ന് അസത്യം രണ്ട് അങ്ങനെ പറയാനില്ല കണത് ഇതും അപ്പൊ പ്രപഞ്ചം മിഥ്യന്നൊക്കെ പറഞ്ഞ് നമ്മളെന്താ ധരിച്ചിരിക്കുന്നത് സത്യമായ ബ്രഹ്മം ഒന്ന് മിഥ്യയായ പ്രപഞ്ചം രണ്ട് അങ്ങനെയാ ധരിക്കുന്നു അതല്ല ഇവിടെ പറയുന്നില്ല താല്പര്യം അത് നവിദ്യഥപ്പെടുന്ന ഇതാണ് ആ ചിത്രം നിന്ന് വേറിട്ടില്ല ഇതെല്ലാം ചിത്തത്തിന്റെ പ്രതീതികളാണ് എത്ര ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചാലും അതിന്റെ മർമ്മം പിടികിട്ടാൻ വളർക്കും പ്രയാസമാണ് സ്വർണവും ആഭരണവും ജലവും തരംഗങ്ങളും ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വേറിട്ടല്ല എന്നാലും സത്യം മിഥ്യ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ധാരണകൾ അബദ്ധമാണ് അത് യുക്തിയുക്തമായിട്ടാണ് ഇവിടെ പറയുന്നത് ചിത്ത ഈക്ഷണീയമായതുകൊണ്ട് ചിത്തത്തിൽ നിന്ന് വേറിട്ടല്ല അറിവിൽ പ്രകാശിക്കുന്നതുകൊണ്ട് അത് അറിവിന്റെ സ്വരൂപം തന്നെ അറിവിൽ നിന്ന് അങ്ങനെയാണ് സത്യവും മിഥ്യയും മനസ്സിലാക്കേണ്ടത് ആത്യന്തികമായി എന്താണ് സത്യവും മിഥ്യയും ഒന്ന് തന്നെ അദ്വൈതത്തിൽ ആത്യന്തികമായി പറയുമ്പോൾ സത്യവും മിഥ്യയും രണ്ടല്ല കാരണം അദ്വൈതത്തിൽ രണ്ടു ഒരു തരത്തിലും വരാൻ ഏതെങ്കിലും തരത്തിൽ രണ്ടു വന്നുകഴിഞ്ഞാൽ അത് ഒരു സത്യം മറ്റൊരു മിഥ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്വൈതമായി അതൊന്നു സത്യവും മിഥ്യയും ഒന്ന് എന്താ എങ്ങനെ ഒന്നാവുന്നത് അത് ചിത്ത് തന്നെയാണ് ചിത്തിൽ നിന്ന് വേറിട്ടൊരു മിഥ്യയില്ല പിന്നെ ഈ മിഥ്യ മിഥ്യ എന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങളുടെ തോന്നലിനെയാണ് മിഥ്യ എന്ന് പറയും നിങ്ങളുടെ അബദ്ധധാരണകളെയാണ് മിഥ്യ എന്ന് പറയുന്നത് പരമാർത്ഥത്തിലോ ചിത്തമാത്രം മിഥ്യമേവ ഇതം ജാഗ്രത ചിത്തം മുമ്പ് പറഞ്ഞതുപോലെ അറുപത്തിനാലാമത്തെ കാര്യ പറയുന്നു അവന്റെ ഈ ജാഗ്രത ദൃശ്യം അവിടെ പറഞ്ഞ എന്താണ് സ്വപ്നദ്രഷ്ടാവിന്റെ ദൃശ്യം അതുപോലെ പറയുന്ന എന്താണ് ഈ ജാഗ്ര ദൃഷ്ടാവിന്റെ ദൃശ്യങ്ങൾ അത് ചിത്ത് തന്നെയാണ് ആ ചിത്ത് അത് തന്നെയാണ് ദ്രഷ്ടാവ് ദൃഷ്ടാവിൽ നിന്ന് വേറിട്ടൊരു ചിത്തില്ല ചിത്തിൽ നിന്ന് വേറിട്ടൊരു ദൃശ്യവുമില്ല ജാഗ്രതത്തിലും അത് സ്പഷ്ടമാണോ സുജീവനേറ്റവും സ്പഷ്ടമായിരിക്കുന്ന കാര്യം എന്താണ് അവന്റെ ചിത്ത് തന്നെയാണ് അതിൽ കൂടുതൽ സ്പഷ്ടമായിട്ട് എന്താവുള്ളൂ ആ ചിത്തിൽ നിന്നും അന്യമായ ഒരു ദൃശ്യമില്ല എന്നുള്ളത് സ്പഷ്ടമാണ് അതിൽ സംശയം വരുന്നത് എങ്ങനെ സംശയം വരാൻ പറ്റും അത് വരില്ല പറയുന്നത് അറിവിൽ നിന്നും വേറിട്ട ദൃശ്യം അറിവിൽ നിന്ന് അന്യമായൊരു ദൃശ്യത്തെ അറിയുക അത് സാധ്യമല്ല അങ്ങനെ അറിയാൻ കഴിയില്ല ആർക്കും അതുകൊണ്ടെന്താണ് തദ്ശ്യമേ വേഗം ഈ കാണുന്ന സർവവും ചിത്തദൃശ്യവുമായിരിക്കുന്ന ഇതെല്ലാം എന്താണ് ജാഗ്രത ചിത്തം അതാ ചിത്തം തന്നെയാണ് ചിത്ത് തന്നെയാണ് ആ ചിത്ത് തന്നെയാണ് ജാഗ്രതരതിരക്ക് രണ്ടും കണ്ടല്ല ചിത്ത് ദൃക്ക് എന്ന് പറയുമ്പോൾ കണ്ടെന്ന് ധരിക്കും കാണുന്നവൻ എന്നുള്ള രീതിയിലെ ദൃക്കെന്ന് വിളിക്കുന്നു കാണൽ എന്നുള്ള രീതിയിലെ ചിത്തന്ന് പറയുന്നു കാഴ്ച എന്നുള്ള നിലയ്ക്ക് അതിനെ ദൃശ്യം എന്ന് പറയുന്നു ഇതൊന്നു തന്നെയാണ് മൂന്നിന്റെയും ഏകത്വത്തെ പറയുകയാണ് അതാണ് അദ്ദേഹം आस्ते ൃശ്യമേശ്ചിത്തോന് തീരി ൂന്യമുഭയം ഉയൂനദൃശ്യേതരഗമ്യേ അജീവാതിവിഷയാപേക്ഷം ചിത്തം നമുക്ക് ചിത്താപേക്ഷം ഹീ ജീവാതിദൃശ്യം അദ്ദേഹത്തെ അന്യോന്യദൃശ്യേ ഇത് സ്പഷ്ടമാക്കാൻ വേണ്ടി ഒന്നുകൂടി പറയുകയാണ് ഇത് അന്യോന്യസാപേക്ഷമാണ് എന്ന് പറയുന്നു അത് നമുക്ക് അദ്വൈതമല്ലാന്ന് തോന്നി നമ്മൾ പഠിച്ച ധരിച്ചിരിക്കുന്ന എന്താണോ ചിത്തത്തെ ആശ്രയിച്ചാണ് ദൃശ്യം എന്നിട്ട് പറയുന്ന എന്താണോ ചിത്തത്തിൽ നിന്നും വേറിട്ടല്ല ദൃശ്യം ഇവിടെ തിരിച്ചും പറയുന്നു ഇപ്പോ എന്താണോ ദൃശ്യത്തെ ആശ്രയിച്ചാണ് ചിത്തം എന്നും പറയും എന്താണ് ജീവചിത്തെ രണ്ടെണ്ണം ിത്തം മറ്റൊന്ന് ഈ ചിത്രത്തിന് വിഷയമായിരിക്കുന്ന സർവ്വ ഇവിടെ ചിത്രത്തെയും ജീവനിയെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇത് സ്വപ്നം പോലെയാണെന്ന് ഒരു വാക്യത്തിൽ ഇത് സ്വപ്നം പോലെയാണെന്ന് പറഞ്ഞാൽ ആർക്കും ദഹിക്കത്തില്ല കാരണം കേൾക്കുന്നവൻ ഉറപ്പുണ്ട് സ്വപ്നം വേറെയാണ് ഇത് വേറെയാണ് പിന്നെ സ്വപ്നം പോലെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും ജ്ജസർപ്പം പോലെയെന്നോ മരുമരിജി എന്നോ ഒക്കെ പറയുമ്പോൾ നമ്മൾ നിഷേധിക്കും പോലെ ഇതിനെയും നിഷേധിക്കും ഇതെങ്ങനെ രജിസർപ്പം പോലെയാണ് രജിസർപ്പം എന്താണെന്ന് എനിക്കറിയാം ഇത് വേറെയാണ് എന്നും നമ്മൾ പറയാറ് അതുകൊണ്ട് ഇത് സ്വപ്നം പോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ നിഷേധിക്കും സ്വപ്നം വേറെയാണ് അതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ് ഇതങ്ങനെയല്ല എന്ന് പറയും എന്താ അങ്ങനെ പറയാൻ കാരണം കാരണം ഇവിടെ ഞാൻ എന്റെ മുമ്പിൽ അനേക ജീവന്മാര് എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന അനേക ജീവന്മാർ ഇവിടെയാണ് ഞാൻ എങ്ങനെയാണോ സത്യമായിരിക്കുന്നത് അതുപോലെ എന്റെ മുമ്പിലുള്ള ഓരോ ജീവനും പറയാൻ ഞാൻ സത്യമാണോ ഇവിടെ പല സത്യങ്ങൾ വരും ഇങ്ങനെ പല യുക്തികളും ഇവിടെ പറയാം അതുകൊണ്ടിവിടെ ഒന്ന് ചിത്തം മറ്റൊന്ന് ജീവൻ രണ്ടായിട്ടെടുക്കുന്നു ജാഗ്രത ചിത്തം ആരാണോ ചിന്തിക്കുന്നവൻ ആരാണോ ഇതിനേക്ക് അറിയുന്നവൻ അവന്റെ ചിത്തം അവന്റെ ചിത്ത് അവന്റെ ബോധം അവന്റെ മുമ്പിൽ ദൃശ്യവുമായിരിക്കുന്നത് സർവീവന്മാരാണ് ജീവൻ എന്ന് പറയുന്നത് സർവവും ചൈതന്യവത്താണല്ലോ ചൈതന്യത്തിൽ പ്രവാസിക്കുന്ന എല്ലാം ചൈതന്യവത്താണ് ജഡോ എന്ന് പറയുന്നതോ ചൈതന്യത്തിൽ പ്രകാശിക്കുന്നോണ്ട് മാത്രം തന്നെ ചെടവ് പറയൂ വാസ്തവത്തിൽ ചെറുപ്പവും ചൈതന്യമൊത്താണ് അങ്ങനെയുള്ള ചിത്തവും ജീവനും ഇതിനെയെല്ലാം കുറിച്ചുള്ള ഈ പ്രകാശം ഉള്ളിട്ടിരിക്കുന്ന ബോധം അറിവ് ചൈത്യം ചിത്തത്തിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് ചിത്തം പ്രകാശിപ്പിക്കുന്നത് ഏതിനെയാണോ അതാണ് ചൈത്യം ചിത്തത്തിന്റെ വിഷയം എന്നും പറയാം ചൈത്യം ഇവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ചിത്തം മറ്റൊന്ന് ചൈത്യം ഇത് നമ്മൾ ഇതുവരെ ചിന്തിച്ചെന്താണോ ചിത്തത്തെ ആശ്രയിച്ച് ചൈത്യം നയിക്കുന്നതാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നു ആശ്രയിക്കുന്നു ചൈത്യത്തെ ചിത്തം ആശ്രയിക്കുന്നു ഇതാണ് നമ്മുടെ അനുഭവം അന്യോന്യദൃശ്യങ്ങളാണ് ഇത് അന്യോന്യദൃശ്യങ്ങളാണ് ചിത്തം ചൈത്യത്തെ ദർശിക്കുന്നു ശൈത്യം ചിത്തത്തെ ദർശിക്കുന്നു നമ്മൾ ഇതുവരെ മനസ്സിലാക്കി നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഇവിടെ പറയുന്നത് ഈ പറയുന്നത് ഇതിന്റെ ഏകത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ അഭേദത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്വൈതത്തിൽ എങ്ങനെയും ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഇതരേതര ഗമ്യേ ഇത് ഇതരേതര ഗമ്യമാണ് എന്ന് പറയുന്നു എന്നുവെച്ചാൽ ചിത്രം ചിത്തഗമ്യമാണ് ചൈത്യം ചിത്തഗമ്യമാണ് സർവ വിഷയങ്ങളും ദൃശ്യങ്ങളും മറിച്ച് ദൃശ്യഗമ്യമാണ് ചിത്തം തിരിച്ചും പറയും അങ്ങനെ പറയുന്നതിന് എന്തില്ല അതങ്ങനെ സംഭവിക്കും കാരണം നമ്മൾ ഒന്നിനെ ചൈതന്യം എന്ന് പറയുന്നു ചിത്രത്തിൽ മറ്റേ തന്നെ ജഡം എന്ന് പറയുന്നു ചൈത്യത്തെ ദൃശ്യത്തെ ഇത് ഈ ചിത്തം ഇത് ചൈത്യത്തെ ദൃശ്യത്തെ പ്രകാശിപ്പിക്കുന്നു അത് മനസ്സിലാക്കണം പക്ഷെ ദൃശ്യങ്ങൾ ജഡം എങ്ങനെ ചിത്തത്തെ പ്രകാശിപ്പിക്കും അതാണ് മുമ്പ് പറഞ്ഞ എന്താണ് ഇവിടെ ചിത്രം ഒന്ന് ചൈത്യം രണ്ട് അങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ്രഹ്മം ഒന്ന് സത്യം ജഗത്ത് പ്രപഞ്ചൻ രണ്ടും മിഥ്യ അങ്ങനെയല്ല അങ്ങനെ രണ്ടു വന്നുകഴിഞ്ഞാൽ അവിടെ ദ്വൈതമായി അദ്വൈതത്തിൽ അങ്ങനെ രണ്ടിൽ ചിത്തവും ചൈത്യവും ഒന്നാണെങ്കിൽ ചിത്തവും ചൈത്യവും അഭേദമാണെങ്കിൽ ഒന്ന് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു ദോഷം ഒന്ന് തന്നെ രണ്ടായി പിരിഞ്ഞ ഒന്നാണ് രണ്ടായി പിരിഞ്ഞെങ്കിൽ രണ്ടു തമ്മിൽ എന്താ വ്യത്യാസം ഈ രണ്ടിൽ പരസ്പരം എന്താ വ്യത്യാസമുള്ള ഒരു വ്യത്യാസം വരാൻ വഴിയില്ല വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട് നമ്മൾ പറയുന്നത് ഇത് ചൈതന്യമാണ് മറ്റൊന്ന് ജഡമാണ് സ്ഥൂലമായി നമ്മൾ കൽപ്പിക്കുന്ന ഒരു വ്യത്യാസമാണ് ഇത് ആത്മാവാണ് മറ്റൊന്ന് അനാത്മാവാണ് ഇത് ചിത്താണ് ഇത് ജഡമാണ് ഈ വേർതിരിവ് ഒന്നിനെ രണ്ടാക്കുന്നതാണ് അങ്ങനെ ചിന്തിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ് ഒന്നിനെ ഗ്രഹിക്കാൻ വേണ്ടി ഒന്നിനെ രണ്ടാക്കുകയാണ് ഒന്ന് രണ്ടായതുകൊണ്ടല്ല ഇവിടെ ഇതിരേതര ഭേദമില്ല ഒന്ന് പരമാർത്ഥത്തിൽ ഒന്ന് തന്നെ അതുകൊണ്ട് പറയാം എന്താണ് ചിത്ത ഗമ്യമാണ് ചൈത്യം ചൈത്യഗമ്യമാണ് ചിത്രം കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ എന്താണ് നമുക്കറിവിനോട് ചേർന്ന് അല്ലെങ്കിൽ അറിവിൽ വസ്തു പ്രകാശിക്കുന്നു വസ്തു അറിവാകുന്ന പ്രകാശത്തോടുകൂടിയേ നിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ എന്താണോ നമുക്കൊരിക്കലും അറിവിൽ നിന്ന് വസ്തുവിനെ വേർതിരിക്കാൻ പറ്റില്ല എന്നതുകൂടെ വിശദീകരിക്കുകയാണ് വസ്തുവെന്ന് പറയുന്നത് അത് അറിവിനോട് ചേർന്നേ നിൽക്കുന്നത് അറിവാണെങ്കിലോ വസ്തുവിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് എപ്പോഴാണോ നിങ്ങൾ പറയുന്നു എനിക്ക് ബോധമുണ്ട് അറിവുണ്ട് എന്ന് പറയുമ്പോ അവിടെ ഒരു ചോദ്യം വരും എന്തിനെ കുറിച്ചുള്ള അറിവ് ആരെ ബോധം എന്തിനെ അല്ല ഇനി നിങ്ങൾ പറയും എനിക്ക് ആത്മാവിനെ കുറിച്ചുള്ള ബോധം അപ്പൊ എപ്പോഴാണോ അറിവ് എന്നൊരു സങ്കല്പം വരുന്നത് അവിടെ എന്തിനെ ആര് എന്നുള്ള ഒരു ചോദ്യം അതിനോടൊപ്പം വരും അപ്പൊ അറിവിന്റെ പ്രകാശം എന്ന് പറയുമ്പോ അത് എന്തിനെയോ ആരെയോ ആശ്രയിച്ചാണ് അത് എപ്പോഴും പ്രകാശിക്കുന്നത് അതിന്റെ ഉത്തരം എന്താണ് എന്തിനെ ആര് എന്നുള്ള എന്റ ഉത്തരം അവസാനം പോയി ആത്മാവിനൊക്കെ ചേരും അവസാനം പറയും എന്താണ് ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് എന്നൊക്കെ പറയാം എന്തായാലും ശരി എന്തിനെ ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായൊന്ന് കാണും അങ്ങനെ അല്ലെങ്കിൽ അറിവിന് പ്രകാശം അറിവ് പ്രകാശിക്കുന്നു പറയാനുമില്ല എന്ന് പറഞ്ഞാൽ അറിവ് ആ പ്രകാശത്തിന് എന്തിനെ ആശ്രയിക്കുന്നുണ്ട് ആത്യന്തികമായി അത് നമ്മളതിനെ പേരിട്ട് വിളിക്കുമ്പോഴാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സ്വയം പ്രകാശമാണ് ആ സ്വയം പ്രകാശം വരെ നമ്മൾ പറയുന്നതാണ് ഈ വിഷയങ്ങളെ ശൈത്യത്തെ അന്യവസ്തുക്കളെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി നമ്മുടെ വ്യവഹാരികമായ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ എപ്പോഴാണോ നമ്മൾ ദൃശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആത്മാവിന്റെ കാര്യം പോട്ടെ ദൃശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൃശ്യത്തെ വിട്ടിട്ടൊരറിവ് അങ്ങനെ നമുക്കൊരു അനുഭവമില്ല നമ്മുടെ അറിവ് വന്നോ അവിടെ ഒരു ദൃശ്യവും കാണും അതുകൊണ്ടങ്ങനെ നിൽക്കുന്നത് കാരണം ഒരു ദൃശ്യവും അറിവിൽ നിന്ന് വേറെയല്ല എല്ലാ ദൃശ്യങ്ങളും അറിവിനോട് അഭേദമായിരിക്കുകയാണ് അങ്ങനെ ഒരു ദൃശ്യം ഉണ്ടായിരിക്കുക എന്നാണ് അറിവിൽ നിന്ന് വേറിട്ട് അങ്ങനെ ഒന്നും ഇല്ലാത്ത കൊണ്ട് തന്നെ ഈ അറിവ് സാപേക്ഷമാണ് ദൃശ്യ സാപേക്ഷമാണ് ദൃശ്യത്തെ ആശ്രയിച്ച ഈ അറിവ് പ്രവാസിക്കുന്നുണ്ട് അദൃശ്യമെന്ന് പറയുന്നത് ചിലപ്പോൾ സ്ഥൂലമായ വസ്തുക്കളായിരിക്കും ചിലപ്പോൾ ദൃശ്യം തുറയുന്നത് സൂക്ഷ്മമായ ആശയങ്ങളായിരിക്കും തത്വങ്ങളായിരിക്കും എന്തായാലും അറിവിന് ദൃശ്യം കൂടിയേ ചെയ്തു അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് അറിവ് ദൃശ്യത്തെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു ദൃശ്യം അറിവിനെ ആശ്രയിക്കുന്നു എന്ന് വളരെ സ്പഷ്ടമാണ് അതിന്നെന്ത് മനസ്സിലാക്കാം ദൃശ്യവും ദൃശ്യം അറിവിനെ ആശ്രയിക്കുന്നു അറിവ് ദൃശ്യത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ ദൃശ്യം അറിവ് എന്ന് പറയുന്ന രണ്ടില്ല ഒരേ ഒരു അറിവിനെ തന്നെ നമ്മൾ ചിത്തമായും ദൃശ്യമായും വേർതിരിക്കുകയാണ് അതിനാണ് മായ എന്ന് പറയുന്നത് ഏകമായിരിക്കുന്ന ഒന്നിനെ രണ്ടായി വേർതിരിച്ചിട്ട് അത് രണ്ടും പരസ്പരം അപേക്ഷിച്ച് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ജാഗ്രത അനുഭവം സ്വപ്നത്തിനതുതന്നെ സംഭവിക്കുന്നത് അതിനാണ് ഇവിടെ പറയുന്നത് എന്താണോ അന്യന്റെ ദൃശ്യേ ഇതരേതര ഗേതേതര ഗമ്യങ്ങളാണ് ഇതരേതര ഗമ്യം എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ് അറിവ് അറിവിന്റെ വിഷയത്തെ ആശ്രയിച്ച് പ്രവാസിക്കുന്നു വിഷയങ്ങൾ അറിവിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവ് വിഷയം എന്ന് രണ്ടില്ല ചിത്തം ദൃശ്യം എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ ഇവിടെയില്ല ഒന്ന് തന്നെയാണ് ഒന്നായതുകൊണ്ട് ഒന്നിനും മറ്റൊന്നിനെ ആശ്രയിച്ച് പ്രകാശിക്കേണ്ടി വരുന്നു ഇത് അഭേദമാണ് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറയുന്ന എന്താണോ ആത്മാവ് വേറെ അനാത്മാവ് വേറെ ജ്ഞാനം വേറെ ജഡം വേറെ ഇതെല്ലാം നമുക്ക് ബാലപാഠങ്ങളാണ് ഇവിടെ എത്താൻ വേണ്ടിട്ടാണ് എന്താണ് ഇത് ഇതരേതര ജമ്മി ഇത് അഭേദമാണ് ഒന്നാണ് ഇവിടെ ചിത്തെന്നും ജഡമൊന്നും വേറെതിരിക്കാൻ വയ്യ നിങ്ങൾക്ക് ചിത്തിലൂടെയെ ജഡത്തെ അറിയാൻ പറ്റുന്നുള്ളൂ ജഡത്തിലൂടെ ചിത്തിനെ അറിയാൻ പറ്റുന്നുള്ളു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് രണ്ടും അഭേദമായതുകൊണ്ട് ഒന്നായതുകൊണ്ട് ഇതരേതര ഗമ്യേ ജീവാദിവിഷയ അപേക്ഷം ഹി ചിത്തം നാമഭവതി ചിത്താപേക്ഷം ഹി വ്യക്തമാക്കി പറയുന്നു ജീവാദി വിഷയ അപേക്ഷം ഹി ജീവാദി വിഷയങ്ങളെ അപേക്ഷിച്ചിട്ടാണ് ചിത്തം നാമ ഈ ചിത്തം നിലനിൽക്കുന്നത് ഈ ബോധം നിലനിൽക്കുന്നത് ഈ വിഷയത്തെ ആശ്രയിച്ചിട്ടാണ് വിഷയബോധമല്ലാതൊരു ബോധം നമുക്ക് പരിചയമില്ല മറിച്ച് ചിത്താപേക്ഷം ഹി ജീവാദി ദൃശ്യം ഈ ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ദൃശ്യങ്ങൾ നിൽക്കുന്നത് അദ്ദേഹത്തെ അന്യോന്യദൃശ്യം അതുകൊണ്ടുതന്നെ ഇതരേതര ഗമ്യം അല്ലെങ്കിൽ അന്യോന്യ ദൃശ്യം എന്ന് പറയാം ആത്യന്തികമായി ഇതൊന്നാണ് ഇവിടെ ചിത്ത് ജഡം എന്ന് രണ്ടായി ഉയർതിരിക്കാൻ സാധ്യമല്ല ഒന്നിനെങ്ങനെ രണ്ടാക്കും ഒന്നിനെ രണ്ടായി കാണുന്നതാണ് മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണിത് സർവവും ആത്മീയവേദം സർവവും ബ്രഹ്മേ വേദം സർവീനും മറ്റും പറയും സർവത്മ തന്നെയാണ് അതെല്ലാം അതിന്റെ എല്ലാം താല്പര്യത്തെയാണ് ഇവിടെ പറയുന്നത് അസ് ലക്ഷണാശൂന്യം ഉഭയം തന്മാൃ്യത്തെ <tiple> ശിഷ്യ